മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയേയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസറോനെ ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു ശൽമോൻ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യോഫാത്തിനെ ജനിപ്പിച്ചു യോശാഫാമിപ്പിച്ചു ഊശിയാവ് ജനിപ്പിച്ചു ഹിസ്കിയാവ് മനശയെ ജനിപ്പിച്ചു മനശ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോശിയാവെ ജനിപ്പിച്ചു യോശിയാവ് യഖോന്യാവേയും അവന്റെ സഹോദരന്മാരെയും ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഹോന്യാവ് ഷേത്യേലിനെ ജനിപ്പിച്ചു ഷേത്യേൽ അബിഹൂദിനെ അബിഹൂദ് ജനിപ്പിച്ചു എല്യാഖിം ജനിപ്പിച്ചു ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് ജനിപ്പിച്ചു സർ മഥാനെ ജനിപ്പിച്ചു മഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മാറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവിദ്വരെ പതിനാലും ദാവീദ് മുതൽ ബാവേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കേശിച്ചു എന്ന് പേറിടണമെന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെയെന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ ഏശു എന്ന് പേർ വിളിച്ചു